മണ്ണിപ്പോവും അങ്ങനെ മണ്ണി വീണ് കിടക്കുന്നതൊക്കെയാണ് അവസാന ആളുകൾ വന്ന് തട്ടാന്റെ വീട്ടുമുറ്റത്ത് മണ്ണിന് വില കുറയും കേട്ടിട്ടില്ല കേട്ടിട്ടില്ല ഏ അതിന് പ്രോസസ് ഒക്കെ ഉണ്ട് തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആളുകൾ വന്ന് ആ മണ്ണിന് മൊത്തം എന്ത് തരണം എന്ന് ചോദിക്കും അത് ലക്ഷക്കണക്കിന് രൂപയ്ക്കാ പോവാ ചിലപ്പോലാവിട്ട് ചിലപ്പോ നഷ്ടമാവും ഏ കേട്ടിട്ടില്ല അങ്ങനെയാ പോവുക അതിന് കാരണം ആ കുറവുള്ളതെല്ലാം പണിക്കുറവുള്ളതെല്ലാം മണ്ണിലുണ്ടാവും ആദ്യം പണിക്കുറവുള്ളത് കുറച്ച് ഉമ്മിയിൽ ഉണ്ടാവും അത് കക്ഷി തന്നെ എഴുതും മണ്ണിലുള്ളത് ഇങ്ങനെ ഉടന്ന് കാശാക്കും അതുകൊണ്ട് അവിടെ വാചാരംഭണമാണ് കങ്കണം അതുകൊണ്ട് സ്വർണം കങ്കണത്തിൽ നിന്ന് മാറ്റിയ ഇല്ല ദൃദൃശ്യ വിവേകം ഉണ്ടാകാൻ പാകത്തിനാണ് ഗുരുദേവനീ രണ്ടാം ശ്ലോകം അവതരിപ്പിക്കുന്നത് അന്വയവ്യതിരേകത്തിലൂടെ ഇത് ഒട്ടുവളരെ ആചാര്യന്മാർ വിദ്യാരണ്യസ്വാമികൾ മധുസൂദന സരസ്വതി ശ്രീഹർഷൻ ശങ്കരൻ തുടങ്ങി പാരമ്പര്യ പ്രണേതാക്കളായ ആചാര്യവര്യന്മാർ ഒട്ടുവളരെ പേർ വേദാന്ത പഠനത്തിനുപയോഗിച്ച പ്രക്രിയയിൽ തന്നെയാണ് പറയുന്നത് അന്വയവ്യതിരേകമറിഞ്ഞ് ദൃശ്യം അനിത്യവും ദൃക്ക് നിത്യവും എന്നറിയണം അതേ ഉള്ളു പഠിക്കാനാകെ ദൃക്ക് നിത്യമാണെന്നറിഞ്ഞാൽ ആവശ്യം മാത്രം നടത്തി ജന്മസാഫല്യം നേടേണ്ടതാണ് ശരീരമെടുത്തുപോയതുകൊണ്ട് സത്യം അനുഭവിക്കും വരെ ഇതിനെ മര്യാദാമസൃണമായി കൂടെ കൊണ്ടുവന്നതനുഭവിച്ച് പോവുക പൂർവജന്മാർജിതമായ വിത്താണ് ഈ മുളച്ചിരിക്കുന്നത് ഇനി ഇതിൽ നിന്ന് വിത്തുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക വിത്തൊന്ന് വറക്കുക മുളയ്ക്കാതിരിക്കാൻ മുളച്ചാൽ അതിൽ നിന്ന് വിത്തുണ്ടാവും ജീവിത നൈരന്തര്യത്തിൽ യത്നലലിതമായി ആഗ്രഹിക്കാതെ എന്തെല്ലാം ഉണ്ടാകുന്നുവോ അതെല്ലാം ആവശ്യം ആവശ്യത്തിൻ്റെ നിർവചനം നിങ്ങൾ വിചാരിക്കുന്നതല്ല ആഗ്രഹിക്കാതെ എന്തെല്ലാം ഉണ്ടാകുന്നുവോ ആവശ്യം അതൊക്കെയായി സമരസപ്പെട്ട് അടിച്ച് പൊളിച്ച് ജീവിക്കുക ആഗ്രഹിക്കുന്നു എങ്കിൽ പുതിയ അധ്യാസമായി ആഗ്രഹങ്ങളെയെല്ലാം ദൃക്കിൽ ചേർത്ത് അവഗ്രഹിക്കുക ഒരു നിമിഷം കൊണ്ടെരിഞ്ഞടങ്ങും പൂർവജനിതമായിരിക്കുന്ന ആവശ്യങ്ങളെ നിരാകരിച്ചു ആഗ്രഹങ്ങളെ മേക്കുക ജന്മം തകരാറിലാവും അതിനാണിന്ന് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കാരണം നിങ്ങളുടെ സിദ്ധാന്തവാദികൾ പഠിപ്പിക്കുന്നത് ആഗ്രഹമാണ് വളർച്ചമാണ് ശരിയല്ല നിങ്ങൾ മക്കളെയൊക്കെ പഠിപ്പിക്കുന്നത് ആഗ്രഹിക്കാനാണ് മക്കളെ ഒത്തിരി ആഗ്രഹിച്ചാലേ അല്പയെങ്കിലും ിക്കാനാണ് നിങ്ങളുടെ മാധ്യമങ്ങൾ മുഴുവൻ പറയുന്നത് ആഗ്രഹം വളർത്താനാണ് നിങ്ങളുടെ പരസ്യങ്ങളെല്ലാം ആഗ്രഹിപ്പിക്കാനാണ് നിങ്ങളുടെ കല ആഗ്രഹിപ്പിക്കാനാണ് നിങ്ങളുടെ സാഹിത്യം ആഗ്രഹിപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ് നിങ്ങളുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ആഗ്രഹമാണ് അതിൻ്റെ കാതൽ ഗ്രഹിച്ചു മരിക്കാനാണ് നിങ്ങളുടെ വിധി അവിടെ സദസേകം ഉണ്ടാവില്ല അപ്പൊ യുക്തി കൊണ്ട് ആത്മാവിന്റെ പരോക്ഷജ്ഞാനം കിട്ടും അപരോക്ഷാനുഭൂതി കിട്ടില്ല യുക്തിയിൽ നിന്ന് ചിന്തിച്ചാൽ സ്വൽപന കൽപ്പനയ്ക്ക് സ്വപ്നത്തിന്റെ കൽപ്പനയ്ക്ക് അധിഷ്ഠാനം മനഅവച്ഛിന്നമായ ജീവാത്മാവാണെന്ന് ബോധ്യമാവും അതുകൊണ്ട് നമ്മൾ അവസാനിപ്പിച്ചോ പറഞ്ഞത് അവച്ഛേദവാദം ഇവിടെ സ്വീകരിക്കുന്നുവെന്ന് വാചസ്പതി മിശ്രന്റെ വാസനാവ്യത്യാസം കൊണ്ട് ോരോ ജീവന്റെയും സ്വപ്നം ഓരോന്നാണ് വേറെ വേറെയാണ് വിശ്വമെന്നാൽ ബുദ്ധിയിൽ സൃഷ്ടിച്ച് ബുദ്ധിയിൽ പരമാത്മാവ് പ്രവേശിച്ച് സന്നിവേശിച്ച് ഇരിക്കുന്നത് അതുകൊണ്ട് മഹാവാക്യ സംസ്കാരം ഇതിനെ പിരിച്ചു ുദ്ധിയില് തത്പദവും തൊമ്പതവുമായി സന്നിവേശിച്ചിരിക്കുന്ന വസ്തുവിനെ വ്യവച്ഛേദിക്കുവാൻ മഹാവാക്യ സംസ്കാരത്തിന് സാധ്യതയുണ്ട് പ്രവേശിച്ചിരിക്കുന്ന തദ് എന്റെ വാസനാബദ്ധമായ ബുദ്ധിയിൽ പ്രവേശിച്ചിരിക്കുന്ന തഥാകാരമായ ബോധം അതാണ് എന്ന് മഹാവാക്യ സംസ്കാരത്തിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ എനിക്ക് പരോക്ഷജ്ഞാനം കിട്ടും അതതിന്റെ യുക്തി ഇതരമായിരിക്കുന്നതിനെയൊക്കെ പിരിക്കും അങ്ങനെ പിരിക്കാൻ പഠിക്കണം ബുദ്ധിയിൽ പ്രവേശിച്ചിരിക്കുന്ന തത് നീയാണ് ജ്ഞാനം അതാണ് ജാഗ്രത് സ്വപ്ന സുശുദ്ധികളിൽ പ്രവേശിച്ചവൻ അവനാണ് പ്രവേശിച്ചത് സൃഷ്ടിച്ച ഞാനാണ് ഇങ്ങനെ മൂന്ന് തരത്തിൽ അറിയണം ഒന്ന് ബുദ്ധിയിൽ പ്രവേശിച്ചിരിക്കുന്ന തഥാകാരമായ അത് നീയാണ് മഹാവാക്യം മഹാവാക്യം തത്വമ ആ അറിവ് അത് ഞാനാണ് പ്രജ്ഞാനം ബ്രഹ്മ പ്രകർഷേണയുള്ള ആ അറിവ് അതാണ് ജ്ഞാനമതാണ് ജാഗ്രസ്വപ്ന സുഷുദ്ധിക്കുള്ളിൽ പ്രവേശിച്ചവൻ അവനാണ് അയമാത്മാ ബ്രഹ്മ സ്വയം ആത്മാതുഷ്പാദ് അവിടെയും മഹാവാക്യ സംസ്കാരം കിട്ടും പ്രവേശിച്ചത് സൃഷ്ടിച്ചത് അതിനെ ഉണ്ടാക്കിയ ഞാൻ പ്രവേശിച്ചവൻ അവൻ ഞാൻ തന്നെയാണ് അഹം ബ്രഹ്മാസ്തി അപ്പോൾ ഇതിൽ നിന്ന് വേറല്ല ദൃശ്യം ഇങ്ങനെയാണ് നിർദ്ദേശക മഹാവാക്യം മുതൽ അനുഭൂതി മഹാവാക്യം വരെ യുക്തിപൂർവമുള്ള സഞ്ചാരം ഇതിനാകെ പണി അഞ്ച് മിനിറ്റ് നേരത്തെ പണിയാണ് ഇതിനല്ലാതെ ഈ ഉള്ള കൊട കടലിലെ വെള്ളം ഉള്ളം കുടിക്കേണ്ട കാര്യ പണിയെടുക്കാനറിയുമെങ്കിൽ ഇത്രയപ്പെടും ഇതിന് പണിയെടുത്ത് യുക്തി ഉറച്ചാൽ യുക്തി ബോധ്യപ്പെട്ടാൽ ബോധ്യപ്പെട്ടില്ലെങ്കിൽ വാസന വലിക്കും പിന്നെ അതിനിരുന്ന് സമാധിയെ ശീലിക്കണം നിരന്തരം കർമ്മങ്ങളൊക്കെ കയ്യും കാലമൊക്കെ ചെയ്തോളൂ അതിന്റെ ദേവതകൾക്കറിയാം ചെയ്യേണ്ടതെന്താണ് അത് അതിന്റെ ദേവതകളിൽ വന്ന ആവേഗമാണ് കരണേന്ദ്രിയ കളയപരങ്ങൾക്ക് അതാത് ദേവതകൾ പൂർണ്ണമാണ് അവയെ അതിനങ്ങ് വിട്ടാൽ മതി അവ അശുദ്ധമാകാതിരിക്കാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി തൈപ്പറിയോ ൈറ്റിംഗ് അറിയാമോ അറിയാവുന്നവരുണ്ടോ ഏ അറിയാം എത്ര വെള്ളം എടുത്ത് ലോവർ പാസ്സാക എത്ര വെള്ളം എടുത്ത് ലോവർ പാസ്സാകാൻ ഏറ്റവും കുറഞ്ഞത് പറഞ്ഞാൽ മതി ഏ ഒരു കൊല്ലം എങ്ങനെയാ അടിച്ചത് എ എസ് ഡി എഫ് അങ്ങനെയാണോ അപ്പോൾ എ അടിക്കുമ്പോൾ ഈ വിരലിന്റെ ദേവതയെ സ്വീകരിച്ചിട്ട് അത് പ്രധാന ദേവതയുമായി നിരന്തരം ബന്ധപ്പെടാതിരിക്കാൻ രണ്ടാമത് അടിച്ചു മനസ്സിലായില്ല മൂന്നാമത് തടിച്ചു അപ്പോൾ ദേവതയെ മാറി മാറി രേഖപ്പെടുത്തി പരിശീലിപ്പിക്കാൻ സമയമെടുത്തപ്പോൾ ഒരു കൊല്ലത്തെ ഫീസ് കക്ഷി വാങ്ങിച്ചു ഈ വരലുകൊണ്ട് ഏ അടിച്ചു ഇതുകൊണ്ട് അടുത്തത് ഏതാ അടിക്കുന്ന നോക്കുക മനസ്സിലായില്ല ഏ ആ താഴത്തെ മോളുത്തതിൽ ഏ അടിച്ചു താഴത്തതിൽ ഇതുകൊണ്ട് ഏതാ അടിക്കുന്ന സെമിക്കോളം അടിച്ചു അടുത്തതിൽ ഏതാ അടിക്കുന്ന എൽ അപ്പോ എൽ എൽ എൽ എന്നടിക്കുക പറഞ്ഞോണ്ട് ശ്രവണം കൊണ്ട് മസ്തിഷ്കം കിട്ടു പതിനഞ്ച് ദിവസം കൊണ്ട് ലോവ പതിനാറാമത്തെ ദിവസം വേണ്ട പരീക്ഷ വഴി ഞങ്ങൾ പാസ്സായ മനസ്സിലായില്ല ഇപ്പൊ വീട്ടിൽ കമ്പ്യൂട്ടറും എൻ്റെ ണ്ടല്ലോ ഇന്ന് നോക്കൂ പറയണം ശ്രവണം ചെയ്യണം ശ്രവണപൂർവം ഈ ദേവതയെ ഉണർത്തണം ഇതിന് ദേവതാവിജ്ഞാനമെന്ന് പറയും കളിയാണെന്ന് പരീക്ഷിച്ച് നോക്കി പരാജയപ്പെട്ടെങ്കിൽ അടുത്ത വർഷവിൽ വിളിക്കുമെങ്കിൽ ഞാൻ ഇവിടെ വരും അന്ന് ചൂലുവായി ഒന്നും വേണ്ട ഒരു പത്ത് ദിവസം ഇതൊന്നും ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ നേരെയെങ്ങോ വന്നാലും ഞാനിന്റെ അടുത്താണ് താമസിക്കുന്നത് എന്റെ കാരണതാണ് ദേവതാവിജ്ഞാനം എന്ന് പറയും ഇപ്പൊ കരണേന്ദ്രിയ ഗളയപരങ്ങൾക്ക് പണിയെടുക്കാൻ ആത്മാവിൽ അധ്യസിക്കണ്ടി അധ്യസിച്ചതുകൊണ്ട് അതിന്റെ അനുവൃത്തിയായി പണിയെടുത്തോളും വിശക്കുമെങ്കിൽ ആഹാരം നേരത്തെ ഉണ്ട് ഇല്ലെങ്കിൽ വിശക്കുകയില്ല വിശപ്പിനുള്ള ആഹാരം അല്ല തേടിയത് ആഗ്രഹത്തിനുള്ള ആഹാരമാണ് തേടിയത് അതിന് ദാരിദ്ര്യം എന്നും ഉണ്ട് അതാണ് ആഡം സ്മിത്തുവൊക്കെ ചതിച്ച ചതി കൊലച്ചതി അത് വെച്ചാ നിങ്ങളുടെ തിയറികൾ അതൊരിക്കലും നിങ്ങളെ കൊണ്ടുപോയി ദ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയിൽ എത്തിക്കില്ല സാമ്പത്തിക വിദഗ്ധന്മാർക്ക് ചിന്തിക്കാം ഇടയിലുണ്ടെങ്കിൽ പഠിച്ചത് പലതും പഴയതും അതിന്റെ ഗ്രാഫും ഒക്കെ നിങ്ങളുടെ മസ്തിഷ്കത്തിൽ കിടപ്പുണ്ടെങ്കിൽ അതുകൊണ്ട് ആഗ്രഹിക്കരുത് കർമ്മങ്ങൾക്ക് പൂർണ്ണത വേണമെങ്കിലും ആസ്വദനീയത വേണമെങ്കിലും അനുഭൂതി വേണമെങ്കിലും തൃപ്തി കൈവരണമെങ്കിലും ആഗ്രഹിക്കരുത് പുതിയ മാനേജ്മെന്റ് ഗുരുക്കന്മാർ നമ്മുടെ ആശ്രമ സങ്കേതങ്ങളെപ്പോലും ആഗ്രഹത്തിന്റെ കേദാരമാക്കാൻ ലക്ഷങ്ങൾ ആശപ്പടാൻ പറ്റുന്നത് ആഗ്രഹങ്ങളുടെ വഴിത്താരയിലാണ് ഇത് തകർന്നു വീഴുന്നത് അതുകൊണ്ട് ആഗ്രഹിക്കരുത് പേടിപ്പിക്കുന്ന നിശബ്ദത എനിക്ക് പേടി തോന്നുന്ന നിങ്ങളുടെ നിശബ്ദത നിങ്ങൾ നിശബ്ദരാകുമ്പോൾ എനിക്ക് പേടിയുണ്ടാവും ഞാനത് പണ്ടും പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്റെ തലയിൽ എപ്പോഴും കിടക്കുന്നത് സൈലൻസ് ഈസ് വയലൻസ് അതുകൊണ്ട് മഹാവാക്യം പഠിക്കുമ്പോഴേക്കും പ്രത്യേക ഓട്ടം परोक्षज्ञान पर्याप्त आगु अब बोध्यू वेर दृश्य महावाकधिष्ठि ई सत्यंत्रमे अध्यासमे आभासमे वहसमान विश्व अपाधिकोड पर സ്വർണത്തിൽ കടകം തരംഗിയിൽ തരംഗം തുടങ്ങിയവ കാര്യത്തിൽ കാരണസത്തയല്ലാതെ ഒന്നുമില്ല അത്ര ഭംഗിയായിട്ടാണ് ആചാര്യൻ പറഞ്ഞില്ലേ കാര്യത്തിൽ കാരണസത്തയല്ലാതെ ഒന്നുമില്ല കാര്യമായ തരംഗം ജലത്തിൽ നിന്ന് അന്യമല്ല എന്ന് വളരെ ഭംഗിയായി പറയുന്നത് ഇവിടെയാണ് നൂറു നൂറുദാഹരണങ്ങളിൽ ഉപനിഷത്തുകൾ സപ്രപഞ്ചപരിഗണനയിലും നിഷ്പ്രപഞ്ചപരിഗണനയിലും ഈ സത്യം വെളിവാക്കിയിട്ടുണ്ട് ഒന്നല്ല നൂറ് നൂറുദാഹരണങ്ങളിൽ അതിലേറ്റവും ശ്രദ്ധേയം शांदोग्य अध्यागेतवे बूर्ण रूपम पन्ा वयस् उपनयन कहिज पन्न शास्त्राभ्यास गुरुकुला प्राय आई कड़ी नेरते ഉപനയനം താമസിച്ചുപോയി താമസിച്ചു പോയാൽ പലപ്പോഴും പിന്നെ ചെയ്യാറില്ല അങ്ങനെ വരുമ്പോഴാണ് പ്രാപ്യന്മാരുണ്ടാകുന്നു ഉപനയനമില്ലാത്തവ ഉപനയിക്കാതെ പ്രവേശനം കിട്ടാൻ പ്രയാസമാണ് നേരത്തെ ചെയ്യണം ഇത് വളരെ വൈവി ഉപനയനം കഴിഞ്ഞ് പോയി പന്ത്രണ്ട് കൊല്ലം പഠിച്ചു ഇരുപത്തിനാല് വയസ്സായ വളരെ ശൈശവത്തിൽ ഉൾക്കൊള്ളേണ്ടത് പ്രായം ചെന്ന് ഉൾക്കൊണ്ടുകൊണ്ടുവന്നിരിക്കുകയാണ് ആ ഇരുപത്തിനാല് വയസ്സായപ്പോൾ സർവശാസ്ത്ര വിശാരദനായി ഉപനിഷത്ത് ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത് വിനയരഹിതനായി തിരിച്ചെത്തിയ ശ്വേതകേതുവിനോട് പിതാവ് പറയുന്ന ഒരു ഭാഗമുണ്ട് പിതാവുമായുള്ളൊരു സംഭാഷണമുണ്ട് ഏതൊന്നറിഞ്ഞാൽ എല്ലാം അറിയുമോ ഏതൊന്ന് അനുഭവിച്ചാൽ എല്ലാം അനുഭവിക്കുമോ ഏതൊന്ന് കേട്ടാൽ എല്ലാം കേട്ടതുപോലെയാകുമോ അത് നീ അറിഞ്ഞോ എന്ന് ഏനാ അശ്രുതം ശ്രുതം അമതം മതം അവിജ്ഞാതം വിജ്ഞാതം ശ്വേതകേദോ സമയം ശ്രുതി ഉദ്ധരിച്ച് കളയേണ്ടെന്ന് വെച്ചാണ് മലയാളം മാത്രമായിട്ടൊന്ന് പോകുന്ന ആദ്യം വിചാരിച്ചത് അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും എളുപ്പത്തിൽ കാര്യമങ്ങ് തീർന്നാൽ എളുപ്പായി നീണ്ടതാണ് ഈ ചർച്ച അദ്ദേഹം ചോദിച്ചത് വളരെ കാര്യമായിട്ടാണ് എല്ലാം അറിയുമോ ഒരു മൺകെട്ട വഴി മണ്ണാകുന്ന സകലതുമറിയപ്പെട്ടാൽ അതുപോലെ തന്നെ വികാരമെന്നത് ഹേ സൗമ്യ വാക്കിനെ ആശ്രയിച്ചിരിക്കുന്നു നാമധേയം മാത്രമാണ് അത് അമൺകട്ട മണ്ണു മാത്രമാണ് സ്വത്തായത് എപ്രകാരമാണ് നഖം മുറിക്കാനുള്ള ഒരു കത്തി കൊണ്ട് കാലിനിൻപിനാൽ മറ്റെല്ലാം അറിയപ്പെടുന്നു വികാരം വാചാരം ഭണമാണ് യമാണ് കാരിമ്പു മാത്രം സത്യമാണ് വൻസ അച്ഛ ഇനിയും കേൾക്കണം ഹേ സൗമ്യ ഇങ്ങനെയാണ് ആ ആദേശം സംഭവിക്കുന്നത് ഹേ സൗമ്യ ആദ്യമീ ജഗത്ത് ഏകവും അദ്വിതീയവുമായ സത്വ മാത്രമായിരുന്നു ഈ വിഷയത്തിൽ മറ്റു ചിലർ ഏകവും അദ്വിതീയവുമായ അസത്വ മാത്രമായിരുന്നു എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അസത്തിൽ നിന്നാണ് സത്വണ്ടാകുന്നത് എങ്ങനെയാണ് സൗമ്യ ഇപ്രകാരം സംഭവിക്കുന്നത് എങ്ങനെ അസത്തിൽ നിന്ന് സത് ആദിയിൽ ഏകവും അദ്വിതീയവുമായ സത്വം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇങ്ങനെയാ ചർച്ചയുടെ തുടക്കം കാര്യത്തിൽ നിന്ന് കാരണം കണ്ടെത്തുക ഇപ്പൊ നിങ്ങളുടെ ചരിത്രവും നിങ്ങളുടെ രസതന്ത്രവും ഊർജ്ജതന്ത്രവും ഒക്കെ പഠിപ്പിക്കുന്നത് ആദ്യയിൽ ഏകവും അദ്വിതീയവുമായ അസത്വം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് സ്ഥാപിക്കാൻ ശ്രമിക്കും തോറും അകന്നു പോകുന്നത് ബ്ലാക്ക് ഹോൾ അസത്തായ ഒന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അസത്തിൽ നിന്നൊന്നും ഉണ്ടാവില്ല അതിന് ചൈതന്യമില്ല അത് സ്ഥാപിച്ചെടുത്താൽ ശാസ്ത്രം സ്ഥാപിച്ചു അതിനാണ് ഈ അടുത്ത കാലത്ത് കോടികളൊക്കെ നമ്മുടെ ഇത് അണ്ടർഗ്രൗണ്ടിൽ പോയിരുന്നയാണ്ടൊക്കെ പണി ചെയ്തത് അമ്പത് കൊല്ലം കഴിയുമ്പോഴേക്ക് ഞങ്ങൾ പറയുമെന്ന് പറഞ്ഞ് പോയതാണ് പോയവര് തന്നെ ഉണ്ടോന്നറിയില്ല ഇതൊക്കെ ഒരു പത്രത്തിൽ കോലാഹലോകം നടത്തി ശാസ്ത്രം കേമമാണെന്ന് തോരുത്താനാണ് ചന്ദ്രയാൻ വണ്ണിങ് എത്തിന്ന് തോന്നും ടു തുടങ്ങിയെന്ന് ശരിയല്ല ഏ ശരിയല്ല അത് നിങ്ങൾ വായിച്ച് പഠിക്കുക നിങ്ങളെ പോലുള്ളവർ വായിച്ച് പഠിക്കുന്നതിനിടയിൽ ഇങ്ങനെ കേൾക്കാറേക്ക് ഏകവും അദ്വിതീയവുമായ സത്വം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാര്യത്തെ അവഗ്രഹിച്ചു പോയാൽ ഇങ്ങനെ കിട്ടും അത് ഈക്ഷിച്ചു ഞാൻ പലതാകട്ടെ പലതായി തിരട്ടെ അത് തേജസ്വിനെ സൃഷ്ടിച്ചു ആ തേജസ് വീക്ഷിച്ചു പല തീരട്ടെ അത് അപ്പിനെ സൃഷ്ടിച്ചു അതിനാൽ എവിടെ എപ്രകാരം പുരുഷൻ സന്തപിക്കുന്നു വിയർക്കുന്നു അപ്പോൾ തേജസ്സിൽ നിന്ന് ജലമുണ്ടായി ആ ജലമീക്ഷിച്ചു ഞാൻ പലതാകട്ടെ പലതായി തീരട്ടെ അത് സൃഷ്ടിച്ചു ഈ കാരണത്താ ഇവിടെ അല്ലെങ്കിൽ വല്ലതിക്കുകളിലുമോ പർജന്യനുണ്ടാകുമ്പോൾ അത് തന്നെ ധാരാളം അന്നമാകുന്നു ആ അന്നാദികൾ ജലത്തിൽ നിന്നുണ്ടായി ആ സത്തന്ന ദേവതയക്ഷിച്ചു ഈ ജീവാത്മ ഈ മൂന്ന് ദേവതകളിലും അനുപ്രവേശിച്ച് നാമരൂപങ്ങളോടുകൂടി വികാരം പ്രാപിക്കട്ടെ എന്ന് വീണ്ടും അതിൽ ഓരോ ദേവതകളെയും മുമ്മൂന്നാക്കി ചെയ്യുന്നുണ്ട് എന്ന് വിചാരിച്ച് ആ ദേവതകൾ ജീവാത്മ രൂപത്തിൽ തന്നെ ആ മൂന്ന് ദേവതകളിലും അനുപ്രവേശിച്ച് നാമരൂപങ്ങളോടുകൂടി വികാരത്തെ പ്രാപിച്ചു ആ ദേവത അവയിൽ ഓരോന്നിനെയും മ്മൂന്നാക്കി ചെയ്തു ഹേ സൗമ്യ എപ്രകാരം ഈ മൂന്ന് ദേവതകളും ഓരോന്നോരോന്നാക്കപ്പെട്ടതിനു ശേഷം പ്രത്യേകം പ്രത്യേകം മുമ്മൂന്നാക്കപ്പെട്ടു എന്നത് എന്നിൽ നിന്നറിഞ്ഞാലും ഇതിന് ത്രിവൃത്കരണമെന്ന് പറയും പഞ്ചീകരണമല്ല ഇതാണ് കാര്യകാരണ അഴിക്കുന്ന ബുദ്ധി സൂര്യനെ നോക്കിയിട്ടുണ്ടോ ഉണ്ടോ സൂര്യനില് ഒരു കറുപ്പുണ്ട് സൂര്യനിൽ ഒരു വെളുപ്പുണ്ട് സൂര്യനിൽ ചമപ്പുണ്ട് സൂര്യനിലെ കറുപ്പ് അന്നമാണ് സൂര്യനിലെ വെളുപ്പ് ജലമാണ് സൂര്യനിലെ ചമപ്പ് തേജസ്സ ചന്ദ്രനെ നോക്കിയിട്ടുണ്ടോ ചന്ദ്രനിലെ കറുപ്പ് അന്നമാണ് ചന്ദ്രനിലെ വെളുപ്പ് ജലമാണ് ചന്ദ്രനിലെ ചമപ്പ് തേജസ്സ അഗ്നിയെ നോക്കിയിട്ടുണ്ടോ അതെങ്കിലും മനസ്സിലാക അഗ്നി കണ്ടിട്ടുണ്ടോ ഇല്ല അഗ്നി ഉപയോഗിച്ചിട്ടുണ്ട് കണ്ടിട്ടില്ല കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ തലമുറ ഇത്രയധികം രോഗങ്ങളിൽ പെടില്ല ഈ ഇരിക്കുന്നതിൽ എത്ര എണ്ണം ഇൻഹെയിലർ വേണ്ടാത്തതുണ്ടെന്ന് നോക്കണം ഇതിലെത്ര എണ്ണത്തിനൊരു നേരം പട്ടിണി എടുക്കാവുന്നോക്കണം നിങ്ങളുടെ അമ്മമാർ കണ്ടിട്ടുണ്ട് അഗ്നി നിങ്ങൾ കാണാത്ത വിശുദ്ധമായ അഗ്നി നിങ്ങളുടെ ശാസ്ത്ര പഠിപ്പൊന്നും പെട്ടെന്ന് സമ്മതിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത് അഗ്നി നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നാണ് നിങ്ങൾ വാദിച്ച് പറഞ്ഞത് നിങ്ങൾ കണ്ടിട്ടില്ല അഗ്നിയിലെ കറുപ്പന്നമാണ് അഗ്നിയിലെ വെളുപ്പ് ജലമാണ് അഗ്നിയുടെ ചുമപ്പ് തേജസ് ആണ് അഗ്നിയിലെ സൂക്ഷ്മമായ അന്നമാണ് പുക മാവെന്ന് മാങ്ങാ പറിച്ചു തിന്നും മാങ്ങ എവിടുന്നാണുണ്ടായത് മാവിന്റെ വേലുകൾ മണ്ണിൽ നിന്നെടുത്ത സാധനങ്ങൾ അത് തടിയിൽ രൂപാന്തരപ്പെട്ട് അത് പൂവും ആയിത്തീർന്ന് കായാകുമ്പോൾ ആ തടിയിൽ മാങ്ങയുണ്ടോ ആ തടിയിൽ മാങ്ങയുണ്ടോ തടിയൽ മാങ്ങയുണ്ടാവുമോ എന്നല്ല ചോദിച്ചേ ആ തടിക്കകത്ത് മാങ്ങയുണ്ടോന്ന് തടിക്കകത്ത് മാങ്ങയില്ലെങ്കിൽ എങ്ങനെ മാങ്ങയുണ്ടാവും ആ അവ്യക്ത രൂപത്തിലുണ്ടാവും പ്ലാവിന്റെ തടിയിൽ ചക്കയുണ്ടോ കേസ് കെട്ട് കുഴയുകയാണെന്നാണ് എനിക്ക് തോന്നുന്നു ഏ ഉണ്ടാകും ഉണ്ടാകും സംശയമില്ല സൂക്ഷ്മരൂപത്തിൽ അതിന്റെ വേരിലും തടിയിലുമെല്ലാം ചക്കയും മാങ്ങയും ഉണ്ടാകും എലയിലും ഉണ്ടാകും അഥവാ ചക്കയും മാങ്ങയുമായി രൂപാന്തരപ്പെട്ടു നിൽക്കുന്നതിന്റെ അതിസൂക്ഷ്മായ ഭാവതലങ്ങൾ അതാഹരിക്കുന്നവർ ദേവതാസ്വരൂപങ്ങളാകുന്നു